ഞാൻ പഴയ ഫോട്ടോ ഒക്കെ നോക്കുമ്പോ ഒരുപാട് തടിച്ചു ഒരുപാട് മാറി തലമുടിയൊക്കെ പോയി ഇതൊക്കെ നോക്കിയിട്ടാണ് അറിയണത് ഐ എം നോട്ട് കോൺഷ്യസ് കാരണം എന്റെ അനുഭവത്തിൽ ഒരു മാറ്റമില്ലേ അതിൽ കാലം ദേശം ഒന്നുമില്ല മനസ്സിന്റെ വന്നാൽ കാലദേശമൊക്കെ ഉണ്ട് ആ ഉണർവിലേക്ക് ബോധത്തിലേക്ക് ചെന്ന കാലവേഷങ്ങളൊന്നുമില്ല അതാണ് രമണ ഭഗവാൻ പറഞ്ഞു രാപ്പകലില്ലാതെ ഒരു വെളി വീട്ടിൽ എന്ന് പറഞ്ഞു ആ ഉണർവിലേക്ക് ചെന്നാൽ രാവും പകലൊന്നുമില്ല ആ ഉണർവ് അതാണ് പരാ പ്രകൃതി എന്ന് പറഞ്ഞല്ലോ പരയുടെ പാല് നുകർന്ന ഭാഗ്യവാൻമാർക്കൊരു പതിനായിരമണ്ടൊരു അൽപ്പനേരം ക്ഷേത്രജ്ഞങ്ങളിൽ ശ്രദ്ധയായാൽ ബോറടിക്കില്ല ബോറടിക്കലൊക്കെ ക്ഷേത്രത്തിലാണ് വിരസത ക്ഷേത്രം പ്രമുഖമാവുമോറും പോരണടിക്കും വിരസത വരും എന്താണെന്ന് വെച്ചാൽ യു ബിക്കം ടൈം കോൺഷ്യസ് ടൈം എന്നുള്ളത് ക്ഷേത്രത്തിന്റെ ഉള്ളിലാണോ സമയം പോണില്ല സമയം പോണില്ല ആ സമയം പോവാൻ പോവണം എന്നുള്ളത് എന്തുകൊണ്ട് എന്ത് സമയം പോവാതിരുന്ന എന്താ കുഴപ്പം വാസ്തവത്തിൽ സമയം പോയിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലതല്ലേ അല്പം പതുക്കേലേ മരിക്കൂ സമയം പെട്ടെന്ന് പോയപ്പോ മരിക്കുമല്ലോ അപ്പൊ എങ്ങനെ സമയം പോയം പോവാതിരുന്നൂടെ സമയം പോകണില്ല സമയം പോണം എന്താ കാരണം എന്താ എന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ സമയമില്ല അതിലേക്ക് പോവാനുള്ള വിശപ്പാണ് സമയം പോണം സമയം പോണം സമയം പോണം എന്ന് സമയം പോകുമ്പോൾ ഒരു സുഖം വരുന്നു എന്താർത്ഥം സമയമില്ലാതിരിക്കണത് എന്റെ സ്വരൂപമാണ് അതിൽ കാലമില്ല മനസ്സിന്റെ മണ്ഡലത്തിലേക്ക് തന്നെ കാലമുണ്ട് അതാണ് ചൈത്യകാല പുരുഷ രണ്ടും അന്തർബിത് പുരുഷകാലൂപ ഈ ഉള്ളില് ചൈതന്യമായും പുറമേക്ക് ടൈം കാലമായിട്ടൊന്നും അനുസ്യൂതം മനസ്സിനെ തൊട്ടാൽ ടൈം ഒന്നും മനസ്സിനാണല്ലോ ടൈം അറിയുക ഇപ്പൊ നിങ്ങൾക്ക് കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ നിശ്ചലമായിരുന്നാൽ ടൈം ഒന്നും അറിയില്ല ഒരു ഭാവനാത്മകമായൊരു കഥ കേട്ടിട്ടുണ്ട് ഒരു സന്യാസാശ്രമം ആ ആശ്രമത്തിലൊരു സന്യാസി സന്ധ്യാബന്ദനം ചെയ്യാനായിട്ട് നദീതീരത്തിലേക്ക് പോയി ഇന്നലെ ഞാൻ ഈ കഥ ഇവിടെ പറഞ്ഞു വേറെ റിസൾട്ടാണ് കൊല്ലത്ത് പറഞ്ഞു തോന്നുന്നു നദീതീരത്ത് പോയി സന്ധ്യ കഴിച്ച് വെള്ളം എടുക്കാൻ പാത്രത്തിൽ വെള്ളമെടുക്കുമ്പോ അദ്ദേഹത്തിന്റെ ശ്രദ്ധാ ക്ഷേത്രജ്ഞങ്ങൾ പോയി നല്ല ആത്മവിചാര നിഷ്ഠന ഒരു ക്ഷണനേരം ആനന്ദമായിട്ടിരുന്നു അത് കഴിഞ്ഞ് എഴുന്നേറ്റവും വെള്ളവും കൊണ്ട് പതുക്കെ തന്റെ ആശ്രമത്തിലേക്ക് വരുമ്പോ ആശ്രമമൊക്കെ മാറിപ്പോയിരിക്കുന്നു ഒന്നും കാണാനില്ല പഴയ പഴയ പോലെയൊന്നുമില്ല പുതിയതായിരിക്കുന്നു അകത്ത് ചെന്ന് നോക്കുമ്പോ ആളുകൾ ഒക്കെ വേറെ ആളുകൾ പഴയ ആളുകളൊന്നും കാണാനില്ല അദ്ദേഹത്തിനൊന്നും പിടികിട്ടില്ല വഴി തെറ്റിയോ അന്വേഷിച്ച് നോക്കിയപ്പോ എന്തായി എന്ന് വെച്ചാൽ അദ്ദേഹം വെള്ളമെടുക്കാൻ പോയിട്ട് നൂറ് വർഷം കഴിഞ്ഞു എന്നാണ് പര പരയിടപാൽ നുകർന്ന ഭഗ്യവാന്മാർക്കൊരു പതിനായിരം ആണ്ടൊരു അൽപനേരം എന്ന് ഒരു ക്ഷണം അറിവ് അപരപ്രകൃതിക്കധീനമായാൽ അപരാപ്രകൃതിയുടെ പിടിയിൽ പെടുമ്പോ ക്ഷേത്രത്തിൽ പെടുമ്പോ അരനൊടി ആയിരം ആണ്ടുപോലെ തോന്നും അപ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ നമ്മളുടെ ഋഷികൾ എന്തൊക്കെയോ കണ്ടുപിടിച്ചു ഈ വാച്ച് കണ്ടുപിടിച്ചതേ ഇല്ല കാരണം എന്താ വാച്ചില്ല ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് വെച്ചാൽ തന്നെ ടൈം ഇല്ല വൈകുന്നേരം അഞ്ചു മണിക്ക് വരണം എന്ന് പറഞ്ഞാൽ ആ വരണം എന്ന് പറഞ്ഞ ആള് അഞ്ചേ മുക്കാലിന് വരും വരാമെന്ന് പറഞ്ഞ ആള് ഏഴുമണിക്ക് വരും ചിലപ്പോ വരാതിരിക്കും അതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈപ്പ് അവർക്കൊന്നും സമയത്തിന് ചെയ്യാൻ പറ്റില്ല എന്താന്ന് വെച്ചാൽ എത്രയോ കാലമായ ഋഷികളുടെ സംസ്കാരം നമ്മളുടെ ഉള്ളിൽ കിടപ്പുണ്ട് അതൊക്കെ ദേഹത്തിലേക്ക് വരുമ്പോ ഇങ്ങനെയൊക്കെ ആയി തീരുകയാണ് ദേഹത്തിലേക്കും മനസ്സിലേക്കൊക്കെ വരുമ്പോ ആ ടൈം പറ്റില്ല നമുക്ക് സമയത്തിനൊന്നും നിൽക്കാൻ പറ്റില്ല അതിനുള്ളിലൊന്നും പെടാൻ പറ്റില്ല ടൈം ഇല്ല നമ്മളുടെ ബോധമണ്ഡലത്തിൽ ടൈമില്ല കാലമില്ല അതിലേക്ക് പോയാൽ കാലം അറിയില്ല രാപ്പകലില്ലാ വെറു വെളി എന്ന് രമണ ഭഗവാൻ പറഞ്ഞു രാത്രിയും പകലും ഇല്ലാത്ത സ്ഥിതി എന്നുവെച്ചാൽ അതിലിരുന്നാൽ രാത്രി പകലൊന്നുമില്ല രാത്രി പകലൊക്കെ എങ്ങനെ അറിയും ഒക്കെ നോക്കിയിട്ട് വേണ്ട അറിയാൻ നമ്മളുടെ ഉള്ളിൽ രാത്രി പകലറിയാമല്ലോ മെക്കാനിസം ഉണ്ടോ ഉണർവില് ബോധത്തിലതൊന്നുമില്ല മഹർഷിയോട് ഒരുക്കി ആരോ എന്തോ ചതുർദ്ദശിയോ എന്തോ ചോദിച്ചോ അദ്ദേഹത്തിനോട് അദ്ദേഹം പറഞ്ഞു എനിക്കിപ്പോ കായികമായിട്ട് പകലാണോ രാത്രിയാണോ എന്നുള്ള കാര്യം തന്നെ സംശയത്തിലാണ് എന്റെ അടുത്ത് ചതുർദശി എപ്പോഴാണ് ഏകാദശി എപ്പോഴാണെന്ന് ചോദിച്ചാൽ എന്തറിയും എനിക്ക് തന്നെ ഇപ്പൊ ആശ്ചര്യം തോന്നുന്നുണ്ട് ഈ സത്സംഗം പ്രഭാഷണം തുടങ്ങി ഇപ്പൊ തുടങ്ങിയ പോലെയുണ്ട് കുറെ കാലം കഴിഞ്ഞിരിക്കുന്നു പത്ത് പതിമൂന്ന് പതിനഞ്ച് വർഷമായി നമ്മള് മനസ്സിനെ പുറത്തുവിട്ടാലോ ടൈം ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കും അത് ക്ഷേത്ര ക്ഷേത്രത്തിന്റെ സ്വഭാവമാണ് മനസ്സ് ക്ഷേത്രജ്ഞനാണെങ്കിൽ ശ്രദ്ധ മനസ്സ് ക്ഷേത്രജ്ഞന്റെ നേരെ തിരിഞ്ഞാൽ അതിന് ശ്രദ്ധ എന്നു പേര് ശ്രദ്ധ ക്ഷേത്രത്തിന് നേരെ തിരിഞ്ഞാൽ അതിന് മനസ്സെന്ന് പേരും ഒരേ സാധനം തന്നെ അത് ക്ഷേത്രത്തിന്റെ നേരെ തിരിയുമ്പോ അതിന് മനസ്സെന്ന് പേര് ക്ഷേത്രജ്ഞന്റെ നേരെ തിരിയുമ്പോ അതിന് ശ്രദ്ധയെന്ന് പേര് മനസ്സിനെ ക്ഷേത്രജ്ഞന് അഭിമുഖമാക്കാനുള്ള പ്രയത്നത്തിനാണ് തപസ്സെന്ന് പേര് തപസ്സ് കൊണ്ടൊക്കെ അത്രേ പ്രയോജനമുള്ളൂ തപസ്സൊക്കെ അതിനാണ് തപസ് ആ ശ്രദ്ധ ശ്രദ്ധയാമേധാമേധയാ മനീഷ മനീഷയാമനോ മനസ്സാശാന്തി ശാന്ത്യാ ചിത്തം അങ്ങനെ പറഞ്ഞ് ആത്മാനം വേദയതി എന്ന് വേദം പറ തപസ് മനസ്സിനെ മാറ്റാനാണ് അതായത് മനസ്സിപ്പോ പുറമേ വസ്തുക്കളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം അങ്ങനെ ചിത്തം പുറത്തേക്ക് പുറത്തേക്ക് പോവുക ഇങ്ങനെ പുറത്ത് നടക്കുമ്പോ അവരെ കാണുക ഇവരെ കാണുക വസ്തുക്കളെ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കുക വെറുക്കുക അഭിപ്രായം പറയുക ഇങ്ങനെ നമ്മളുടെ സെന്ററിൽ നിന്നും ഒരു പ്രാണശക്തി അഥവാ ആ ഊർജ്ജം ഇന്ദ്രിയങ്ങളിലൂടെ പുറമേക്ക് ചാടി ചാടി ചാടി വ്യയമായിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഉന്മുഖം അന്തർമുഖമായി നമ്മളെ അനുഗ്രഹിക്കേണ്ട എനർജി മുഴുവൻ പുറമേക്ക് ചെതറിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരിലേക്കും മറ്റു വസ്തുക്കളിലേക്കും നമുക്കൊരുവിധത്തിൽ പ്രയോജനപ്പെടാത്ത കാര്യങ്ങളിലേക്കും ഓക്കെ അല്ലേ പത്രമൊക്കെ വായിച്ചാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ നിങ്ങൾക്ക് മന്ത്രി എന്ത് ചെയ്താൽ എന്ത് വേണം തന്ത്രി എന്ത് ചെയ്താൽ എന്ത് വേണം നിങ്ങൾക്ക് എന്ത് വേണം പക്ഷെ അതൊക്കെ നോക്കിയിട്ട് അതിന്റെ അഭിപ്രായങ്ങളും അതിനെ ഇഷ്ടപ്പെടലും ഇഷ്ടപ്പെടായ്മയും കുറ്റം പറയലും വർത്തമാനം പറയലും അതുകൊണ്ടാണ് ഭാഗവതത്തിൽ പറഞ്ഞ ഉദ്ധവരെ ബുദ്ധിപൂർവം പരനിലേക്ക് മനസ്സ് വിടാതിരിക്കുക എന്നാലേ ആത്മജ്ഞാനം ഉണ്ടാവുള്ളൂ ക്ഷേത്രജ്ഞാനിലേക്ക് ശ്രദ്ധിക്കുക പരസ്വഭാവ न प्रशंसे न गर्भका पश्यन प्रकृत्याण परस्वभावर्माणि यशंसती निंद स्रश्यते स्वाद असति अभिनवेश अच्छे सत्र अलग नामं जप നാമം ജപിച്ചിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടാനല്ല ജപിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും കിട്ടും അതാണ് അപകടം ഋഷികൾ കണ്ടുപിടിച്ച ഏറ്റവും നല്ല വഴിയിലൊന്നാണത് നാമജപം നാമജപത്തിന് വേറെ വൈശിഷ്ടമുണ്ട് എന്തൊക്കെ വൈശിഷ്ടം അവർ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ നാമസിദ്ധാന്തം ചെയ്ത ആചാര്യന്മാർ അങ്ങനെയൊക്കെയാണ് അതിന്റെ ശാസ്ത്രവശങ്ങൾ പറയുന്നത് വൈദിക കർമ്മങ്ങളൊക്കെ ആകുമ്പോൾ അഭിമാനം ഉണ്ടാവും ഞാനിതൊക്കെ ചെയ്യേണ്ടത് ബ്രാഹ്മണനാണ് ബ്രാഹ്മണനെ ചെയ്യാൻ പാടുള്ളൂ വിധിയും ഒക്കെ ഉള്ളതുകൊണ്ട് അതിലൊക്കെ അഭിമാനവും ഒക്കെ ഉണ്ടാവാം നാമജപം കാര്യമായി അതിൽ വിധിയോ നിഷേധങ്ങളോ ഇന്നാളുകൾക്ക് ചെയ്യാൻ പാടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അഭിമാനം വരാൻ സാധ്യതയില്ല പക്ഷെ അതിലഭിമാനം വന്നാൽ അതും കർമ്മ തുല്യമാവും അത് വെറുതെ ഇങ്ങനെ ജപിച്ചിട്ട് എന്ത് കിട്ടും ഒന്നും കിട്ടില്ല നീ ജപിച്ചിട്ടില്ലെങ്കിൽ ചിലതൊക്കെ കിട്ടും അതാണ് അപകടം സന്ധ്യാവന്തനാദികൾക്ക് പോലും ബ്രാഹ്മണർക്ക് അതാണ് ഞാൻ സന്ധ്യാവന്തം ചെയ്താൽ എന്ത് കിട്ടും കിട്ടില്ല ചെയ്തിട്ടില്ലെങ്കിലോ പ്രത്യമായ ദോഷം വരും പുതിയതായിട്ട് ഒന്നും കിട്ടാതെ ആവുക എന്നുള്ളതാണ് അധ്യാത്മം ഉള്ളിലുള്ളത് നഷ്ടപ്പെടണം പുതിയതായിട്ടൊന്നും കിട്ടാനും പാടില്ല അപ്പോൾ ഉള്ളത് പ്രകാശിക്കും ഉള്ളിലുള്ളത് നഷ്ടപ്പെടുകയും ചെയ്യാതെ പുതിയതായിട്ട് വസ്തുക്കൾ അല്ലെങ്കിൽ വികാരങ്ങൾ അറിവുകൾ കിട്ടിക്കൊണ്ടിരുന്നാൽ ഉള്ളത് മൂടപ്പെടും അപ്പൊ നമ്മളുടെ ജീവിതത്തിന് ഈ ശാസ്ത്രം വെച്ചുകൊണ്ട് നിങ്ങൾ ഇനിമേലാൽ അതിനനുകൂലമായി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി പുതിയതായിട്ടൊന്നും കിട്ടാനില്ല എന്തെങ്കിലുമൊക്കെ കർമ്മം ചെയ്യാം ആ കർമ്മം കൊണ്ട് അഭിമാനിക്കാനൊന്നുമില്ല ഞാൻ ഈ കർമ്മം ചെയ്യണു അഭിമാനിച്ചാൽ അത് കർമ്മം അഭീണമാവും ഒരു കർമ്മം നാറാണത്ത് പ്രാന്തൻ കല്ലുരുട്ടണ പോലെ മലയുടെ മേലയ്ക്ക് കല്ലുരുട്ടിക്കൊണ്ടിരുന്നില്ലേ നല്ല കർമ്മമാണ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു നിങ്ങൾക്ക് വിധിച്ചു കിട്ടിയ ഒരു കർമ്മം ക്ഷേത്രത്തിന്റെ മണ്ഡലത്തിൽ കർമ്മമാണല്ലോ അതിനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്തിനും വെറുതെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തൊക്കെ വരും അതുകൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കണം ഒന്നുമില്ലെങ്കിലോ അമ്പലത്തിന് പോകുന്നു പ്രദക്ഷിണം വയ്ക്കുന്നു ഏതോ നാമം ചൊല്ലണു സത്സംഗത്തിൽ ഏതെങ്കിലും തൂണുചാരി ആരും കാണാതെ ഒരിടത്തിരുന്ന് ഉറങ്ങണു എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി അങ്ങനെ കുറേ കാലം ൾക്ക് ചെയ്യാവുന്ന ലളിതമായ ചില അനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ട് അതിൽ അഭിമാനിക്കാതെ സംഘമില്ലാതെ കാമനയില്ലാതെ ചെയ്തുകൊണ്ടേയിരുന്നാൽ കുറെ കഴിയുമ്പോൾ ഉള്ളിലുള്ളതൊക്കെ പോവും പുറത്തൊന്ന് പുതിയ ചളിയൊന്നും വന്ന് കയറിയില്ലെങ്കിൽ മനസ്സ് ശ്രദ്ധയായിട്ട് മാറും ശ്രദ്ധയുദിച്ചാൽ ആത്മാനം വേദയത്തി ആ ശ്രദ്ധ ക്ഷേത്രജ്ഞനെ അനുഭവപ്പെടുത്തി തരും മായാ യുധസ് ചിത് ശക്തിയാ കൈവല്യെ സ്ഥിത ആത്മനി മായയെ നീക്കിയിട്ട് കൈവല്യത്തിനെ പ്രകാശിപ്പിക്കും കൈവല്യം കിട്ടേണ്ടതല്ല ഉണ്ട് നമ്മളുടെ സ്വരൂപമാണ് അതിനെ പ്രകാശിപ്പിക്കും അപ്പോ ഈ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള ഈ ശാസ്ത്രം ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രജ്ഞനിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ തീരുമാനിച്ച് പതുക്കെ നമ്മൾ ആദ്യപടിയായിട്ട് നമ്മളുടെ ഉള്ളിൽ തന്നെ ചോദിക്കുക എന്താണ് എന്റെ ഉള്ളിലുള്ളത് ഈ ശരീരം മരിച്ചാൽ ശവം നാളെ കൊണ്ടുപോയി കത്തിക്കും പക്ഷെ ഇപ്പൊ അതിനകത്ത് എന്തോ ഉണ്ടല്ലോ എന്താണ് അതിനകത്തുള്ളത് ഞാനൊന്നൊരു അനുഭവമുണ്ട് കണ്ണിലൂടെ കാണുന്നു ചെവിയിലൂടെ കേൾക്കുന്നു മൂക്കിലൂടെ മണക്കുന്നു നാവിലൂടെ രുചിക്കുന്നു ത്വക്കിലൂടെ സ്പർശിച്ചറിയുന്നു അകമ എനിക്ക് വികാരങ്ങളുണ്ട് അതിലും ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് പ്രിയം വേണമെന്നൊരു ദാഹമുണ്ട് ശാന്തി വേണമെന്നൊരു ദാഹമുണ്ട് എന്നെ ആരെങ്കിലും സംരക്ഷിക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് ഭയമില്ലായ്മയ്ക്ക് വേണ്ട ദാഹമുണ്ട് എന്തെങ്കിലും നന്മ കാണുമ്പോൾ എവിടെയോ ഉള്ളിലൊന്ന് സ്പർശിക്കപ്പെടുന്നുണ്ട് എന്തൊക്കെയോ ഇനിയും കുഴിച്ചാൽ കിട്ടാവുന്ന നിധികളൊക്കെ ഉള്ളിലുണ്ട് ഇതിന്റെ ഈ സെന്റർ എന്താണ് ഇങ്ങനെ ശ്രദ്ധയെ ആ സെന്ററിലേക്ക് തിരിച്ചുവിട്ട് കുഴിക്കാൻ തുടങ്ങുക വെള്ളം കാണുന്നവരെ കുഴിക്കാം മരുമരീചികയിൽ വെള്ളം കുടിച്ചിട്ട് ദാഹം തീരില്ല നിൽക്കുന്ന സ്ഥലത്ത് കാലിന്റെ ചുവട്ടിൽ അല്പം ആഴത്തിലാണെങ്കിലും ഡ്രില്ല് ചെയ്താൽ വെള്ളം കിട്ടും മരുഭൂമിയിൽ ദൂരത്തോടുന്ന നദിയിൽ പോയി വെള്ളം കുടിച്ച് ദാഹം തീരില്ല മരുഭൂമിയിൽ ആ മരീചികയിൽ പോയി വെള്ളം കുടിക്കുന്നതിന് പകരം നിൽക്കുന്ന സ്ഥലത്ത് ഒരു ആയിരം അടി കുഴിച്ചാൽ ചിലപ്പോൾ വെള്ളം കിട്ടും അതുകൊണ്ട് അവിടെ കുഴിച്ചു നോക്കുക ആ കുഴിക്കണത് അമ്മയ്ക്ക് ആ സെന്ററിൽ ആ ക്ഷേത്രജ്ഞൻ അപ്പൊ ഈ ക്ഷേത്ര ക്ഷേത്രജ്ഞ ജ്ഞാനത്തിനാണ് ഭഗവാൻ വളരെ പ്രാധാന്യം കൊടുത്തു ഒരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് വിവരമുണ്ടെങ്കിൽ അത് കഷ്ടിയാണ് സമൂഹ ജീവിതത്തിൽ സ്കൂളും മുതൽ ഒരു കുട്ടിക്ക് ഇത്രയൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ളൂ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കൂ കുഞ്ഞ് എന്റെ ശരീരമുണ്ട് നിന്റെ ഉള്ളിൽ എന്തോ അറിയപ്പെടാത്ത ഒരു ചൈതന്യമുണ്ട് ഇത് രണ്ടും വെച്ചുകൊണ്ടാണ് നിനക്ക് കൈമുതൽ ഈ ശരീരത്തിന് എങ്ങനെ പ്രയോഗിക്കണമെന്നും ഉള്ളിലുള്ള പൂർണ്ണതയെ എങ്ങനെ ആവിഷ്കരിക്കണമെന്നും നീ അറിഞ്ഞാൽ അറിവ് നിനക്ക് പ്രയോജനപ്പെടും എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ദാറ്റ് ഈസ് ഓൾറെഡി ഇൻ മാൻ എന്ന് വിവേകാനന്ദ സ്വാമികൾ അതിനൊരു ഡെഫിനേഷൻ കൊടുത്തു വിദ്യാഭ്യാസത്തിന് ഇത്രയേ പ്രയോജനമുള്ളൂ എന്ന് സ്വാമികൾ വളരെ ക്രാന്തദർശിയായിട്ട് പറഞ്ഞു അതൊക്കെ പോയിട്ട് നമ്മൾ എന്താ ലോകത്തിലുള്ള സകല കുപ്പകളും വീട്ടിൽ വെച്ചിട്ട് കമ്പ്യൂട്ടർ രണ്ടാം ക്ലാസ് കുട്ടികളൊക്കെ കമ്പ്യൂട്ടർ പിടിക്കും എന്താണെന്ന് എനിക്കതൊന്നും മനസ്സിലാവണേയില്ല തലിയും കാലും പിടികിട്ടുണ്ട് ഇപ്പോഴാണ് കഷ്ടിച്ച് ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ കമ്പ്യൂട്ടറൊക്കെ വ്യത്യാസം മനസ്സിലാവണം കണ്ടാവും എത്ര വയസ്സായിട്ട് രണ്ടു വയസ്സ് മൂന്ന് വയസ്സ് കുട്ടികളടക്കം അതിലെ ഓപ്പറേഷനാണ് നമ്മളുടെ ഒരു പ്രയോജനമില്ലാതെ ഈയിടെ ആരോ ഒരു പറഞ്ഞു അമേരിക്കയില് മൂന്ന് വയസ്സ് കുട്ടിക്ക് ഷോക്കിന് വേണ്ട ലൈസൻസ് കൊടുത്തിരിക്കുന്നു അത്ര നന്നായിട്ട് ഷൂട്ടിംഗ് നടത്തുന്നു നാലു വയസ്സോ മൂന്ന് വയസ്സോ കുട്ടി അതൊരു വലിയ അത്ഭുതമായിട്ട് ഇതൊക്കെയാണ് നമ്മളുടെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ അച്ചീവ്മെന്റ് നമ്മൾ അസുരന്മാർ പുരാണത്തിലുള്ള അസുരന്മാരൊക്കെ നാണം കുടുങ്ങിട്ട് പോകും ഞങ്ങളെ കൊണ്ടൊന്നും ഇത്രയൊന്നും പറ്റില്ല ഒരു വിധത്തിലും പ്രയോജനപ്പെടാതെ ആ വിദ്യാഭ്യാസം ജീവിതം മുഴുവൻ പഠിച്ച് എത്ര സമയമാ കുട്ടികളുടെ ഒന്ന് ആലോചിച്ചു നോക്കൂ ും സമയം വേണ്ട കാരണം ഇത്രയൊന്നും പഠിച്ചിട്ട് അവര് അതിലൊന്നും ഓർമ്മയില്ല പിന്നെന്തിനാണ് കുട്ടികള് മൂന്നാം ക്ലാസ് കുട്ടികൾ എന്താ അസൈൻമെന്റ് പ്രോജക്ട് എന്നൊക്കെയാണ് പറയുന്നത് നമ്മളൊന്നും കേട്ടിട്ടേല ഇപ്പൊ പലരും ഇപ്പൊ മുമ്പിലൊക്കെ വലിയ ഓഫീസർമാരായിട്ടൊക്കെ ഇരിക്കുന്നവരൊക്കെ പണ്ട് പത്താം ക്ലാസ് നാലു തോറ്റെഴുതി ജനലിൽ കൂടി ചാടിപ്പോയിട്ടുള്ളവരൊക്കെയാണ് അവിടെയും പോയി ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ടായി പഠിച്ച് ഒരുവിധം അവര് സമ്പാദിച്ച് ജീവിച്ചിട്ടാണ് ഇപ്പൊ സൗഖ്യമായിട്ട് ഇരിക്കുന്നത് ഈ തിന്നാനും ഉണ്ണാനും എടുക്കാനും വേണ്ടി ഇത്രയൊക്കെ കുട്ടികൾ മെനക്കെടണോ വെറും അഭിമാനമാണ് അഭിമാനം ആളുകളെ ഇട്ട് തുള്ളിക്കുകയാണ് വേറെ ഒന്നുമില്ല എല്ലാവരും എഞ്ചിനീയർ ആവണം എല്ലാവരും ഡോക്ടറാവണം എല്ലാരും അതേ ഗതാനുഗതികോ ലോകോക പരമാർത്തി പണ്ടൊരാൾ പറഞ്ഞു ഒരു ചെമ്പു പാത്രവും കൊണ്ട് നാട് നീളം ഒരു ബ്രാഹ്മണൻ കാശി കുളിക്കാൻ പോയി അയാൾക്ക് ആ പാത്രം മാത്രമേ ഉള്ളൂ സ്വത്ത് അപ്പൊ ഗംഗയിൽ കുളിക്കണതിന് മുമ്പ് എവിടെങ്കിലും അത് കുഴിച്ചിടണം അപ്പൊ മണല്ലോ കുഴിച്ചിട്ടു അപ്പൊ കുളിച്ചു വന്നാൽ അറിയണമല്ലോ എവിടെയാ കുഴിച്ചിട്ട് അതിന് മേലെ ശിവലിംഗം പിടിച്ചു വെച്ചു മണ്ണുകൊണ്ട് ആ സ്ഥലം കാണാനായിട്ട് കുറെ ആളുകൾ നോക്കിക്കൊണ്ടിരിക്കണ്ടേ ഇദ്ദേഹം കുളിച്ച് വരുമ്പോ കരയിൽ മുഴുവൻ ശിവലിംഗം എല്ലാവരും വിചാരിച്ചത് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് വേണം വെള്ളത്തിലിറങ്ങാമെന്നാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതാണ് ലോകം ഗതാനുഗതികോ ലോകോക പാരമാർത്തിക ഗംഗാസൈകതലിംഗേഷു നഷ്ടം മേ താമ്രവാചനം എന്റെ ചെമ്പു പാത്രം പോയി ഒറിജിനൽ തിങ്കിങ് ഉള്ള ഒരാള് പോലും ഈ ലോകത്തിലില്ലാന്ന് യദീശ്വരാനന്ദ സ്വാമി ഒരു കഥ പറയും രാമകൃഷ്ണ മിഷൻ സ്വാമി ഒരു കുട്ടിയുടെ അടുത്ത് സ്കൂളിൽ ടീച്ചർ ചോദിച്ചു അത്രേ ഒരു വേലിക്കകത്ത് പത്ത് ആടുണ്ട് അതിൽ നാലെണ്ണം പുറത്തുപോയി ബാക്കി അത്ര കുട്ടി പറഞ്ഞു ടീച്ചറെ ഒന്നും ഉണ്ടാവില്ല ടീച്ചർ പറഞ്ഞു കൈ നീട്ടു കുട്ടി പറഞ്ഞു കൈയൊന്നും ഞാൻ നീട്ടില്ല ടീച്ചർക്ക് കണക്ക് വേണമെങ്കിൽ അറിയുവായിരിക്കാം എനിക്ക് ആടിനെ നല്ലവണ്ണം അറിയാം എന്റെ വീട്ടിലുണ്ട് നാലെണ്ണം പോയാൽ ബാക്കിയുള്ളത് പുറകെ പോകും അവിടെ നിൽക്കില്ല അതുകൊണ്ടാണ് യേശു ക്രിസ്തു ആടുകളെ നമുക്ക് വിളിച്ചത് വെറുതെയല്ല ആടുകളുടെ സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ടെന്നാണ് ഒന്ന് പോയാൽ ഒക്കെ പുറകെ പോകും എന്നാണ് ഗതാനുഗതികോ ലോക നലോക പാരമാർത്ഥിക അറിവിന് ഇത്രയേ പ്രയോജനമുള്ളൂ എന്നാണ് ക്ഷേത്ര ക്ഷേത്രജ്ഞയോഹോ ജ്ഞാനം നമുക്ക് വാസ്തവത്തിൽ കൃഷ്ണഭക്തി ഉണ്ടെങ്കിൽ കൃഷ്ണൻ പറഞ്ഞതൊക്കെ നമ്മൾ പ്രായോഗികത്തിൽ കൊണ്ടുവരണം അപ്പൊ എന്നെ കൊണ്ടൊന്നും പറ്റില്ല സമൂഹത്തിലുള്ളവർ ആളുകൾ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കുറച്ച് ചിന്തിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നല്ലതാണ് പക്ഷെ അതൊന്നും സാധിക്കില്ല എന്ന് എനിക്ക് തന്നെ നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് സമൂഹ പരിഷ്കാരവും നമ്മളുടെ പണിയല്ല സമൂഹമില്ല പരിഷ്കാരവും ഇല്ല എത്രയോ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് പിന്നെയും പിന്നെയും നായിഡവാലു പോലെയാണ് അപ്പൊ ഏതായാലും അറിവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ജീവന് സമാധാനം വേണമെങ്കിൽ അധികം അറിയാൻ പാടില്ല അറിവിനെ പരിമിതീകരിക്കണം പരിഛിന്നമാക്കണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ അറിയും തോറും അത്രയും നമ്മളുടെ ബ്രെയിൻ വേസ്റ്റായി ബ്രെയിനിന് അറിയാൻ കുറച്ച് ശക്തിയുണ്ട് ആ ശക്തിയെ ഒരു ലൈനിൽ ഉപയോഗിച്ചാൽ അതിനെ കുറിച്ച് നല്ല ജ്ഞാനം ഉണ്ടാവും കൂടുതൽ അറിയും തോറും പല കാര്യങ്ങളിലേക്കും സ്കാറ്റേർഡ് ആവുമ്പോൾ നമ്മൾ എന്തിനാണോ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അത് പോയി പോകും അതാണ് നമ്മൾ ആഴപ്പാടെ പലതും തലയിൽ കയറ്റിയൊക്കെ കഴിഞ്ഞിട്ട് ബ്രെയിൻ തളർന്നിട്ടാണ് ഗീതയ്ക്കും പചകവും ഇന്ധത്തിലേക്കും ഒക്കെ വന്നിരിക്കണത് എന്നിട്ട് മനസ്സിലാവണില്ല അപ്പൊ മനസ്സിലാവാൻ പോകുന്ന അത്ര ബുദ്ധിമുട്ടായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ മനസ്സിലാവണില്ല ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവണു സയന്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ ഡോക്ടർ അല്ലെങ്കിൽ എന്താ പറയാ വലിയ വലിയ ഇന്റലക്ച്വൽ ജയൻസ് വലിയ വലിയ ശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളുകള് സംസ്കൃതം തന്നെ നല്ലവണ്ണം പണ്ഡിതന്മാരായിട്ടുള്ള ആളുകള് ചിലർ പറയുന്നത് ഒന്നും പിടികിട്ടില്ല വേദാധ്യയനം ചെയ്തിട്ടുള്ളവർ പോലും ചിലപ്പോൾ പറയും എന്താണെന്ന് വെച്ചാൽ ഇതിന് കാര്യം എത്രയോ ബുദ്ധിയുടെ ഊർജത്തിന് ഒരു വഴിക്ക് തിരിച്ച് അതിനെ അറിയാനായിട്ട് ഉപയോഗിക്കണം അറിയണ വരെ ശ്രദ്ധ അതിൽ വിടണം അപ്പൊ ആദ്യം എ ബി സി ഡി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണോ ഒരു കുട്ടി കണക്കേ പഠിക്കില്ല അപ്പൊ മറ്റേ കുട്ടി പറഞ്ഞു നീ കണക്ക് പഠിക്കണ്ടേ കണക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ ലോകത്തിൽ എങ്ങനെ വ്യവഹാരം ചെയ്യും മറ്റേ കുട്ടി ഈ എടുത്തു ചോദിച്ചു ആ ഈ കുട്ടി പറഞ്ഞപ്പോ ലോകത്തിൽ വ്യവഹാരം ചെയ്യാൻ അപ്പൊ കണക്കൊക്കെ വേണോ കണക്ക് വേണം മറ്റേ കുട്ടി ഇന്ന് കണക്കിൽ നിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു നോക്കട്ടെ എന്നാണ് ഒരു ആ അതിനും ഇതിനും സംബന്ധമില്ല ഭാഷയ്ക്കും അതിന് സംബന്ധമില്ല പക്ഷേ അയാൾ നോക്കുന്നത് അതാണ് അതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം അതിന് പ്രയോജനം വേറെയാണ് അതിന്റെ രീതിയും വേറെയാണ് അതിന് പ്രയോഗിക്കേണ്ട വഴിയും വേറെയാണ് അതേപോലെ ഈ അധ്യാത്മവിദ്യ ബുദ്ധിമുട്ടല്ല വിഷമല്ല അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട സമ്പ്രദായം വേറെയാണ് ഉള്ളൂ അവിടെ കൃപ വേണം അവിടെ ആദരവ് വേണം അവിടെ പ്രിയം വേണം അവിടെ ശാന്തി വേണം അവിടെ നിശ്ചലത വേണം ശ്രദ്ധ വേണം അത്രയും കൊണ്ട് പതുക്കെ നമ്മളെ തന്നെ ശ്രദ്ധിക്കുക ശരീരത്തിനെ തന്നെ ശ്രദ്ധിക്കുകയാണ് ശരീരത്തിനെ ശ്രദ്ധിച്ച് ശരീരത്തിന്റെ ചലനങ്ങൾ ബുദ്ധനൊക്കെ അങ്ങനെയാണ് തുടങ്ങിയത് ആദ്യം ദേഹത്തിന് പതുക്കെ പതുക്കെ പതുക്കെ അകമയുള്ള പ്രാണനെ മനസ്സിനെ ഒന്നും പറഞ്ഞു കൊടുക്കണില്ലല്ലോ തൈത്തിരികോപനിഷത്തിലെ ഭൃഗു വരുണന്റെ അടുത്ത് ചൊന്ന് ചോദിക്കുന്നു അധീ ഭഗവോ ബ്രഹ്മേതി ഭഗവാനെ ബ്രഹ്മം എന്താണെന്ന് പറഞ്ഞു വരുണൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞതല്ല സൂചനകൾ തരാം എതോവാ ഇമാനി ഭൂതാണ് ജായനവാ ജാത ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി ഏതൊന്നിലാണോ സകലതും ഉദിക്കുകയും നിൽക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് ഏത് സർവപ്രകാശമോ അത് ബ്രഹ്മമാണ് ഈ ഒരു സൂചന വെച്ചുകൊണ്ട് നീ കണ്ടുപിടിച്ചുകൊള്ളാം ഭൃഗു ആദ്യം ചെന്നു അന്നം ബ്രഹ്മേ ദിവ്യജാനാത് അന്നാദ്വഖൽ വിമാനി ഭൂതാ നിജായ തപസാണേ തപസ് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധ തന്നെ തന്നെ ശ്രദ്ധിച്ചു തനിക്ക് മുഖ്യമെന്താണ് ശരീരമാണ് ശരീരമണ്ഡലത്തിൽ തന്നെ നിന്നു ശരീരത്തിന് ഭക്ഷണം വേണം ഭക്ഷണം കൊണ്ട് ദേഹം ഉണ്ടാവും ദേഹം മറ്റുള്ളവർക്ക് ഭക്ഷണമായി പോകുന്നു ദേഹത്തിന് മണ്ഡലത്തിന് നല്ലവണ്ണം ചിന്തിച്ചു നോക്കി ഓരോ കോശവും അന്നമാണ് ഓരോ കോശവും ആർക്കോ അന്നമാണ് തൃപ്തി ഉണ്ടായില്ല പിന്നീ ചെന്നു പ്രാണനെ ശ്രദ്ധിച്ചു തൃപ്തി ഉണ്ടായില്ല ൊക്ക ചഞ്ചലമാണ് മനസ്സിനെ ശ്രദ്ധിച്ചു തൃപ്തി ഉണ്ടായില്ല അതിനും സൂക്ഷ്മ മണ്ഡലത്തിൽ അറിവിനെ ശ്രദ്ധിച്ചു തൃപ്തി ഉണ്ടായില്ല അതിനും അപ്പുറം ചെന്നപ്പോ എല്ലാം മറിഞ്ഞുപോയി ഉറങ്ങിപ്പോയി എന്നർത്ഥം ഒരാനന്ദുണ്ടായി പക്ഷെ ആനന്ദം ഒരു വശവും അറിവില്ലായ്മ ബുദ്ധിയിൽ അറിവില്ലായ്മയും സ്വരൂപത്തിൽ ആനന്ദവും രണ്ടും കൂടെ കലർന്നു തൃപ്തി ഉണ്ടായില്ല അതിനാവരണം എന്ന് പേര് ഉറക്കം ആനന്ദമുണ്ട് പക്ഷെ അറിയപ്പെടുന്നില്ല എന്താണെന്ന് ആനന്ദവും കടന്ന് സുഷുപ്തിയിലും സ്വപ്നത്തിലും ജാഗ്രത്തിലും ഒരവസ്ഥകൾ കൊണ്ടും സ്പർശിക്കപ്പെടാതെ നിൽക്കുന്ന വസ്തുവിനെ അങ്ങോട്ട് കാണുമ്പോഴാണ് സംതൃപ്തിയേണ്ടത് സത്യം ജ്ഞാനമനന്ത ബ്രഹ്മ യോവേദ നിഹിതം ഗുഹായാം പരമേവ്യോമന് സത്യവും ജ്ഞാനവും അനന്തവുമായ ബ്രഹ്മം നിഹിതം ഗുഹായാം ഹൃദയ ഗുഹയില് ചിതാകാശത്തിൽ ആകാശമായിട്ട് തന്നെ സാക്ഷാത്കരിക്കപ്പെട്ടു സോഷ്ണുതേ സർവാൻ കാമാൻ സഹ എല്ലാ കാമനകളെയും അവനസ്തം അവിടെ അറിഞ്ഞു അവിടെ അതെന്താണ് അദൃശ്യേ അനാത്മിയെ അനിലയനെ അഭയം പ്രതിഷ്ഠാം ബിന്ദ അത് ദൃശ്യമല്ല അതിൽ ആത്മാവില്ല ആത്മാവില്ല എന്ന് പറയുന്നത് ബുദ്ധമതമല്ല അഹങ്കാരമില്ലായ്മ വ്യക്തിത്വമില്ല സച്ചിദാനന്ദമായ വസ്തു അതിനെ തന്നിൽ കണ്ടപ്പോഴാണ് അഭയം പ്രതിഷ്ഠാം വിന്തതെ ഇങ്ങനെയൊക്കെ ഉപനിഷത്തുകളും ജന്മാദ്യസ്ഥയതഹ എന്നൊക്കെ ബ്രഹ്മസൂത്രവും ഒക്കെ ഈ ക്ഷേത്രക്ഷേത്രജ്ഞ വിഭാഗത്തിനെ പാടിയിട്ടുണ്ട് പുകഴ്ത്തിയിട്ടുണ്ട് അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ നോക്കാം ഋഷിഭിർ ബഹുധാ ഗീതം ർവിധൈ പൃഥക്സൂത്രപേ വിനിശ്ചിത ഋഷിഭർ വാഷാതിഹുധു ഗീതം കഥിതം വസിന് മുതലായ മഹർഷിമാസിം വശസ്മൃതി മുതലായ ഗ്രന്ഥങ്ങളിലൊക്കെ അവരുടെ വാക്കുകളുണ്ട് അവരൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിനെയും ക്ഷേത്രജ്ഞനെയും കുറിച്ച് വേഗത്തിൽ കർമ്മകാന്ഡം മുഴുവൻ ക്ഷേത്രത്തിനെക്കുറിച്ചാണ് ഉപാസനാകാന്ഡവും ക്ഷേത്രത്തിനെക്കുറിച്ചാണ് ജ്ഞാനകാന്ഡം ക്ഷേത്രജ്ഞനെക്കുറിച്ചാണ് കർമ്മം സമാപിച്ച് ഉപാസനയും സമാപിച്ച് ക്ഷേത്രജ്ഞനെ ബോധത്തിനെ ഉണർത്തുക ബോധിപ്പിക്കുക ബാക്കി രണ്ടും പുരുഷതന്ത്രമാണ് ക്ഷേത്രജ്ഞന്റെ അറിവ് വസ്തുതന്ത്രമാണ് എന്നുവെച്ചാൽ ഒന്ന് പ്രത്യഭിജ്ഞയാണ് ബാക്കിയൊക്കെ തന്നെ മാറി വരുന്ന അറിവ് അനുഭവമണ്ഡലങ്ങളാണ് അന്ന് എനിക്കിത് പറയുമ്പോൾ ഒരു വശത്ത് നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ എന്നുള്ളൊരു വശമുണ്ട് മനസ്സിലായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്തോ ഒരു നിശ്ചലത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് മതി മഴ പെയ്യുമ്പോ വെള്ളം അകമേക്ക് ചെന്ന് നീലുറവായിട്ട് പിന്നീട് പൊന്തി വരുന്ന പോലെ കേൾക്കുന്നത് അകമയ്ക്ക് ചെന്ന് നിങ്ങളുടെ അറിവും നിങ്ങളുടെ ഉൾക്കാഴ്ചയുമായി നിങ്ങൾക്ക് എന്തെങ്കിലും മനനം തുടർന്ന് ചെയ്യുമ്പോൾ കിട്ടും നഷ്ടാവല്ല നമുക്കിപ്പോ മനസ്സിലായാതും മനസ്സിലാവാത്തതുമായ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉള്ളിൽ കടന്നതൊക്കെ പിന്നീട് നിങ്ങൾ ശ്രവണവന ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വാനുഭൂതിയായിട്ട് നിങ്ങളുടെ ഇൻസൈറ്റ്സ് ആയിട്ട് ഉൾക്കാഴ്ചകളായിട്ട് നിങ്ങൾക്ക് അകമേക്ക് കിട്ടും അകമേയുള്ള നിങ്ങളുടെ അഗ്നികാര്യം നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ അഗ്നികാര്യം മുടക്കാതെ ചെയ്താൽ അഗ്നിയെ വളർത്തിക്കൊണ്ടേയിരുന്നാൽ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാൽ ആ അഗ്നിയെല്ലാം പഠിപ്പിച്ചു തരും ഉള്ളതുണ്ടാ അഗ്നി സൈദേവാ ദേവന്മാരെ കൊണ്ടുവരുമെന്നാണ് അഗ്നിപൂർവേഭിഋഷിഭിരീഡ്യോ നൂതനൈരുതൻ സദേവാൻ ഏഹപക്ഷത്തി അഗ്നിനാ റയുമോഷമേവ ദിവേദിവേദം പറയണത് ഈ അകമേയുള്ള അഗ്നി വാസനാരൂപമായി രയ്യെ തിന്നു തീർക്കും തോറും പോഷമേവ ദിവേദിവേ ദിവസം തോറും ഉള്ളിൽ തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞു വരും ഞാനും അതുകൊണ്ട് കേട്ടുകൊണ്ടേ ഇരിക്കാം അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഋഷിഭിഹി ബഹുധാഗീതം ഋഷികളൊക്കെ പലവിധത്തിൽ ഇതിനെ പറഞ്ഞിട്ടുണ്ട് ഏകം സത് വിപ്രാവുധാവതന്തി ഒരേ സത്യത്തിനെ ഋഷികൾ പലവിധത്തിലും പാടി ബ്രഹ്മീത അദ്വിതീയം വൈഗീയത്തെ ബഹുധർഷിഭി എന്ന് ഭാഗവതവും പറയണം ഒരേ ബ്രഹ്മത്തിന് അദ്വിതീയമായ ബ്രഹ്മത്തിനെ ഋഷികൾ പലവിധത്തിൽ പാടുന്നു ഋഷിഭിർ ബഹുധാഗീതം ഛന്ദോബിഹി അനേക ഋഗ്വേദാദി മന്ത്രങ്ങൾ കൊണ്ട് ഛന്ദോഭർ ഋഗാദീനി തൈ ഛന്ദോ വിവിധ നാനാഭാവൈ നാന്നാകാരൈ പൃഥക് വിവേക ബ്രഹ്മസൂത്രപദ്രൂചകൂത്രൂത്രപദങ്ങൾ കൊണ്ട് ജന്മാദ്യശയതാസ്ത്രയോനിതലായ സൂത്രങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഹേതുമദ്ചാരം ചേത് പൂർവാപര കാരണങ്ങളൊക്കെ പറഞ്ഞ് വിനിശ്ചിതം നിശ്ചയിച്ചിരിക്കുകയാണ് ഗീതം ആത്മേത്യവ ഉപാസീത ഇത്യവമാതി ബ്രഹ്മസൂത്രപഥി ആത്മാവെന്ന് തന്നെ ഉപാസിക്കൂ എന്നൊക്കെ പറയുന്ന ബ്രഹ്മസൂത്രങ്ങൾ കൊണ്ട് ഇതൊക്കെ പറയപ്പെട്ടിരിക്കുന്നു ആ ക്ഷേത്രക്ഷേത്രജ്ഞ വിഭാഗമാണ് സർവശാസ്ത്രങ്ങളുടെയും സാരം ദേഹവും ദേഹിയും നമുക്ക് ഉറപ്പുള്ള കാര്യം ഞാനുണ്ട് എന്നും ഇപ്പൊ തൽക്കാലത്തേക്ക് എനിക്ക് ശരീരമുണ്ട് എന്നുള്ളതുമൊക്കെയാണ് ലോകം ശരീരമൊക്കെ എനിക്ക് കാണപ്പെടുന്നു ഞാനുണ്ട് ബാക്കിയൊക്കെ ഭാവനയിലാണ് അല്ലേ ലോകം കാണപ്പെടുന്നു ഞാനുണ്ട് അപ്പൊ ഭാവനയിൽ ഒരു ഈശ്വരനെയും കൽപ്പിച്ചു എല്ലാ മതങ്ങളും അതാണ് ചെയ്യുന്നത് ആരഭ്യത ജീവജഗത് പരാത്മതത്വാഭിധാനേന മതം സമസ്തം ജീവനും ജഗത്തും പരമാത്മാവും എന്ന് മൂന്ന് എന്റിറ്റീസ് കൊണ്ടുവരിക അതിൽ ഞാൻ ഇന്ന് അഹങ്കാരം ഉള്ളത്തോളമേ ലോകമുള്ളൂ അഹങ്കാരമുണ്ടെങ്കിലേ പരമാത്മാവിനെയും കാണാൻ ഒരു ജീവനുള്ളൂ അപ്പൊ ഈ അഹങ്കാരത്തിന് മൂലാന്വേഷണം ചെയ്താൽ സർവോത്തമ അഹമ്മതിശൂന്യ നിഷ്ഠ ഈ അഹങ്കാരം എവിടെ ഉദിക്കുന്നു അവിടെ ഇല്ലാതാവുമ്പോൾ അവിടെ നിശ്ചലമായ ഒരു അനുഭവം ഏർപ്പെടുന്നു ആ അനുഭവത്തിലൂടെ വേണം സത്യത്തിലേക്ക് പോകാൻ ബാക്കിയൊക്കെ മനസ്സിന്റെയും ബുദ്ധിയുടെയും ഭാവനയുടെ ഒക്കെ മണ്ഡലങ്ങളാണ് അപ്പൊ ആ സത്യത്തിന്റെ അഥവാ ഭഗവാന്റെ ആത്മാവിന്റെ അനുഭവത്തിനെ ഉപാസീത എന്ന് വേദങ്ങളൊക്കെ വീണ്ടും വീണ്ടും ബോധിപ്പിക്കാം അതിന്റെ തടസ്സം എന്താ ഒക്കെ പറഞ്ഞാലും എന്താ തടസ്സം ക്ഷേത്രം എന്റെ മുമ്പിൽ കാണപ്പെടുന്ന എന്റെ ലോകം എന്റെ കുടുംബം എന്റെ ബന്ധുക്കൾ എന്റെ ശരീരം ശരീരത്തിലുള്ള എന്റെ അനുഭവം അതിനുള്ളിലുള്ള മനസ്സ് അതിലുള്ള സങ്കല്പവികൽപ്പങ്ങൾ ഇതിലൊക്കെ കിടക്കുമ്പോൾ നിങ്ങൾ പറയുന്നതൊക്കെ എന്തോ ഫ്രഞ്ച് ഭാഷ പോലെയുണ്ട് നമുക്ക് പിടികെട്ടാത്ത ഭാഷ പോലെയുണ്ട് എന്നാലേ എവിടെയോ ഒരു വേണമെന്നുണ്ട് അല്ലേ വേണമെന്നുണ്ട് ഭാഗവതത്തിൽ നാരദം തന്നെ പറഞ്ഞു വേണ്ടാത്തരവും ലൗകിക വിഷയങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയമെന്ന് നമ്മൾ പറഞ്ഞ് ഇഷ്ടമുള്ള വിഷയമെന്ന് പറഞ്ഞ് കുറെ പറഞ്ഞാലും നിങ്ങളിങ്ങനെ ഇരിക്കില്ല അപ്പൊ ഇഷ്ടം വേറെ ഇപ്പോ നിങ്ങളുടെ വേറെ ഏതോ ഒരു സെന്ററാണ് അത് ദാഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വേണമെന്നുണ്ട് അത് ക്ഷേത്രജ്ഞനാണ് ക്ഷേത്രജ്ഞനിൽ നിന്നാണ് ശ്രദ്ധ എന്ന ശക്തി പുറപ്പെടുന്നത് അതാണ് നമ്മളെ സത്സംഗത്തിൽ കേൾക്കാൻ കൊണ്ടുവരുന്നതും രമണ മഹർഷി അതിന് വിഴൈവ് എന്ന് തമിഴിൽ പറയും വിഴൈവ് ഈ ഏണിംഗ് അത് മനസ്സെന്നല്ല വരുന്നത് അത് വളരെ ഡീപ്രസെന്റാണ് അതാണ് പലപ്പോഴും സത്യാന്വേഷണത്തിനു വേണ്ടി വളരെ വിഷമിപ്പിക്കുന്നത് ജീവനെ തേടി പിടിച്ചു പോവാനും ഒക്കെ ചെയ്യുന്നത് എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ച് എവിടെ സത്യം കിട്ടുമോ അന്വേഷിച്ചൊക്കെ പോകുന്നത് എന്താ അവിടുന്ന് നമുക്ക് വേറെ ഇന്ദ്രിയ വിഷയങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും പോകുന്നു എന്തോ ഒന്നും ഉള്ളുന്ന ആ ഏണിംഗ് ദാഹം ആ ശക്തി ക്ഷേത്രജ്ഞന്റെ നിശ്വാസമാണ് ബാക്കിയൊക്കെ ക്ഷേത്രത്തിന്റെ മണ്ഡലമാണ് അപ്പൊ ക്ഷേത്രത്തിന്റെ മണ്ഡലം തൊട്ടാണ് ഭഗവാൻ ഇനി പറഞ്ഞു തുടങ്ങണത് അടുത്ത ശ്ലോകം മുതൽ അത് നാളെ മുതൽ തുടങ്ങാം ആ ശ്ലോകം ഇപ്പോ വായിച്ചു വെക്കാം മഹാഭൂതാന്യഹകാരോ ബുദ്ധിരവ്യമേ ഇന്ദ്രിയാണി ദശൈകം ചേന്ദ്രിഗോചരാഷസുഖം ദുഃഖം സഘാതശേതാധൃതി എത്തേത്രം സമാസേന സവികാരമുദാഹൃതം ക്ഷേത്രത്തിനെ പറഞ്ഞു ക്ഷേത്രത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞു പഞ്ചമഹാഭൂതങ്ങളും അതിനെയൊക്കെ പിടിച്ചു നിർത്തുന്ന ഞാനെന്ന അഹങ്കാരവും അതിനു പുറകിൽ വേണ്ടതും വേണ്ടാത്തതുമൊക്കെ നിയന്ത്രിക്കുന്ന ബുദ്ധിയുമുണ്ട് സങ്കൽപ്പങ്ങളെ നിയന്ത്രിക്കുന്ന ബുദ്ധിയും ഇതൊക്കെ ചെന്ന് മറയുന്ന ഒരു അവ്യക്തം അവ്യക്തമുണ്ട് കൂടി ചേർന്നിട്ടുള്ള കോൺഗ്രോമറേഷൻ സംഘാതം ഇതിനൊക്കെ പുറകിൽ ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേതന ജീവിക്കണമെന്നുള്ള വിൽപ്പവർദ്ധൃതി ഇതൊക്കെ കൂടി ചേർത്തിയാൽ ക്ഷേത്രമായി ഏത ക്ഷേത്രം സമാസേന ഇതാണ് നമ്മളുടെ ജീവിതം അഥവാ നമ്മള് സവികാരമുദാഹൃതം ഭഗവാൻ പറഞ്ഞു ഇത് വികാരമാണ് പരിണമിച്ചുകൊണ്ടേയിരിക്കും ഈ മണ്ഡലത്തിൽ ഒന്നും നിത്യമല്ല ഇനിയിപ്പോ പറയണത് ക്ഷേത്രജ്ഞനിൽ നിന്നും ചില സുഗന്ധം ഇടയ്ക്കിടയ്ക്ക് വരും ആ സുഗന്ധം ഏത് വ്യക്തികളിൽ വരുന്നു അവരിലത് പ്രകാശിക്കാൻ തുടങ്ങിയിരിക്കണോ എന്നാണ് ലക്ഷണം ആ ലക്ഷണങ്ങളെയൊക്കെ ഭഗവാൻ പറഞ്ഞു അമാനിത്വം അതമ്പിത്വം അഹിംസാ അതൊക്കെ നമുക്ക് സൂചനകളാണ് നമ്മളിൽ ആ ലക്ഷണങ്ങളെ കൾട്ടിവേറ്റ് ചെയ്യാനല്ല നമ്മളുടെ ഉള്ളിൽ ആ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് നമ്മൾക്ക് ഉള്ളിൽ രണ്ടുമുണ്ട് ദേഹത്തിന്റേതായ ഇച്ഛ ദ്വേഷം വികാരങ്ങളുമുണ്ട് അമാനിത്വാദികൾ കണ്ട മറ്റുള്ളവരിൽ കണ്ടാൽ മനസ്സിലാവുണ്ടല്ലോ നമുക്ക് അവർക്ക് നന്മയുണ്ട് അവരഹങ്കാരമില്ലാത്തവരാണ് അവർ കോപിക്കുകയില്ല പക്ഷേ എനിക്ക് കോപം വരും പക്ഷെ അവര് കോപിക്കാത്തവരെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടം തോന്നും എന്താന്ന് വെച്ചാൽ കോപിക്കായവ എന്നുള്ളത് എന്റെയും സ്വഭാവമാണ് അത് അവരിൽ പ്രതിബിംബിച്ച് കാണുമ്പോഴാണ് എനിക്ക് സുഖം തോന്നുന്നത് ശാന്തി എന്നുള്ളത് എന്റെ സ്വഭാവമാണ് ആ ശാന്തി വേറെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടം തോന്നുകയാണ് അപ്പൊ അതൊക്കെ ഉള്ളിൽ കിടപ്പുണ്ട് അത് ക്ഷേത്രത്തിന്റെ അല്ല ക്ഷേത്രജ്ഞന്റെയാണ് ഇപ്പൊ ഇനിയിൽ പ്രകടമാകുന്നതൊക്കെ സ്വഭാവമാണ് അപ്പൊ എന്റെ ഉള്ളിൽ അന്തരംഗത്തിൽ കിടക്കുന്ന ക്ഷേത്രജ്ഞന്റെ ഈ സ്വഭാവങ്ങൾക്ക് നേരെ ശ്രദ്ധ പതിപ്പിച്ചാൽ അതൊക്കെ മുളയ്ക്കാൻ തുടങ്ങും അതിനുവേണ്ടിയിട്ടാണ് ഈ ലക്ഷണങ്ങളെയൊക്കെ ഭഗവാൻ ഇനി പറയണത് അതൊക്കെ നമ്മൾ നാളെ കാണാം സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോപ്രാംഗണരിഗണലോലമ പരമായാസം മായാക്കാ ഭുവന ക്ഷമാനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദോവി ഭജോവിം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിരമാനന്ദം ഗോപീമണ്ഡല ഗോഷീഭേദം ഭേദാവസ്തമഭേദം ശോകുരനിർൂതോദ്ധൂളീധൂസരസൗഭാഗ്യം ശ്രദ്ധാഭക് ൃഹീത്തനന്ദമചിന്യ ചിന്തിസാവം ചിന്മണിമ പ്രണമത ഗോവിന്ദം പരമാനന്ദോവിന്ദ ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദം ോപല ഭൂലീലാ വിഗ്രഹ ഗോപാളം കുലഗോപാളം ഗോപീന ഗോവർധനധൃതലീലാളിതോ ഗോഭിർനിഗദിത ഗോവിന്ദസ്ഫുടനമാനം ബഹുനമാനം ോധീഗോചരൂരം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദ പരമാനന്ദോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഇതോ മസിമ തോ നച്യം മമ കിഞ്ചിസ്തിയ തവേഷ്ടുരുമാത്മന മുഖേ മന്മഹേ